ം ഇരുപത്തി അഞ്ച് യഹോവ സിനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി നീ ഇസ്രയേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശം യഹോവയ്ക്ക് ശപത്താചരിക്കണം ആറ് സംവത്സരം നിന്റെ നിലം വിതയ്ക്കണം ഔവണ്ണം ആറ് സംവത്സരം നിന്റെ മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിച്ച് അനുഭവമെടുക്കണം ഏഴാം സംവത്സരത്തിലോ ദേശത്തിന് സ്വസ്ഥതയുള്ള ശപത്തായ യഹോവയുടെ ശപത്ത് ആയിരിക്കണം നിന്റെ നിലം വിതക്കുകയും മുന്തിരിത്തോട്ടം വള്ളിത്തല മുറിക്കുകയും ചെയ്യരുത് നിന്റെ കൊയ്ത്തിന്റെ പടുവിളവ് കൊയ്യുകയും വള്ളിത്തല മുറിക്കാത്ത മുന്തിരിത്തോട്ടത്തിലെ പഴം യും അരുത് അത് ദേശത്തിന് ശപത്താണ്ട് ആകുന്നു ദേശത്തിന്റെ ശപത്തിൽ താനെ വിളയുന്നത് നിങ്ങളുടെ ആഹാരമായിരിക്കണം നിനക്കും നിന്റെ ദാസനും ദാസിക്കും കൂലിക്കാരനും നിന്നോടു കൂടെ പാർക്കുന്ന പരദേശിക്കും നിന്റെ കന്നുകാലിക്കും കാട്ടുമൃഗത്തിനും അതിന്റെ അനുഭവമൊക്കെയും ആഹാരമായിരിക്കണം പിന്നെ പത്താണ്ടായ ഏഴേഴ് സംവത്സരം എണ്ണേണം അങ്ങനെ ഏഴ് ശബത്താണ്ടായ നാൽപ്പത്തൊൻപത് സംവത്സരം കഴിയേണം അപ്പോൾ ഏഴാം മാസം പത്താം തീയതി മഹാധ്വനിക്കാഹളം ധ്വനിപ്പിക്കണം പാപപരിഹാര ദിവസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്ത് എല്ലായിടവും കാഹളം ധ്വനിപ്പിക്കണം അമ്പതാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം അത് നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകേണം ഓരോരുത്തൻ താന്താന്റെ കുടുംബത്തിലേക്കും മടങ്ങിപ്പോകണം അമ്പതാം സംവത്സരം നിങ്ങൾക്ക് യോബേൽ സംവത്സരമായിരിക്കണം അതിൽ നിങ്ങൾ വിതക്കെയോ പടുവിളവ് കൊയയോ വള്ളിതല മുറിക്കാത്ത മുന്തിരിവള്ളിയുടെ പഴം പറിക്കുകയോ ചെയ്യരുത് അത് യോബേൽ സംവത്സരം ആകുന്നു അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം ആയാണ്ടത്തെ അനുഭവം നിങ്ങൾ വയലിൽ നിന്ന് തന്നെ എടുത്ത് തിന്നണം ഇങ്ങനെയുള്ള യോബേൽ സംവത്സരത്തിൽ നിങ്ങൾ താന്താന്റെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോകണം കൂട്ടുകാരന് എന്തെങ്കിലും വിൽക്കുകയോ കൂട്ടുകാരനോട് എന്തെങ്കിലും വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ അന്യായം ചെയ്യരുത് യോബേൽ സംവത്സരത്തിന്റെ പിമ്പുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം നിന്റെ കൂട്ടുകാരനോട് വാങ്ങണം അനുഭവമുള്ള സംവത്സരങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം അവൻ നിനക്ക് വിൽക്കണം സംവത്സരങ്ങൾ ഏറിയിരുന്നാൽ വില ഉയർത്തണം സംവത്സരങ്ങൾ കുറഞ്ഞിരുന്നാൽ വില താഴ്ത്തേണം അനുഭവത്തിന്റെ കാലസംഖ്യയ്ക്ക് ഒത്തവണ്ണം അവൻ നിനക്ക് വിൽക്കുന്നു ആകയാൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ അന്യായം ചെയ്യരുത് നിന്റെ ദൈവത്തെ ഭയപ്പെടണം ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ ആകുന്നു അതുകൊണ്ട് നിങ്ങൾ എന്റെ കൽപ്പനകളനുസരിച്ച് എന്റെ വിധികൾ പ്രമാണിച്ച് ആചരിക്കണം എന്നാൽ നിങ്ങൾ ദേശത്ത് നിർഭയം ും ഭൂമി അതിന്റെ ഫലം തരും നിങ്ങൾ തൃപ്തിയായി ഭക്ഷിച്ച് അതിൽ നിർഭയം വസിക്കും എന്നാൽ ഏഴാം സംവത്സരത്തിൽ ഞങ്ങൾ എന്തു ഭക്ഷിക്കും ഞങ്ങൾ വിതയ്ക്കുകയും ഞങ്ങളുടെ അനുഭവമെടുക്കുകയും ചെയ്യരുതല്ലോ എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഞാൻ ആറാം സംവത്സരത്തിൽ നിങ്ങൾക്ക് എന്റെ അനുഗ്രഹം അരുളുകയും അത് മൂന്ന് സംവത്സരത്തേക്കുള്ള യും ചെയ്യും എട്ടാം സംവത്സരത്തിൽ നിങ്ങൾ വിതയ്ക്കുകയും ഒമ്പതാം സംവത്സരം വരെ പഴയ അനുഭവം കൊണ്ട് ഉപജീവിക്കുകയും വേണം അതിന്റെ അനുഭവം വരും വരെ പഴയതുകൊണ്ട് ഉപജീവിച്ചുകൊള്ളണം നിലം ജന്മം വിൽക്കരുത് ദേശം എനിക്കുള്ളതാകുന്നു നിങ്ങൾ എന്റെ എടുക്കൽ പരദേശികളും വന്നു പാർക്കുന്നവരുമത്രേ നിങ്ങളുടെ അവകാശമായ ദേശത്തൊക്കെയും നിലത്തിന് വീണ്ടെടുപ്പ് സമ്മതിക്കണം നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്റെ അവകാശത്തിൽ ഏതാനും വിറ്റാൽ അവന്റെ അടുത്ത ചാർച്ചക്കാരൻ വന്ന് സഹോദരൻ വിറ്റത് വീണ്ടുകൊള്ളേണം എന്നാൽ വീണ്ടുകൊള്ളുവാൻ അവനാരുമില്ലാതിരിക്കുകയും താൻ തന്നെ വകയുള്ളവനായി വീണ്ടുകൊള്ളുവാൻ പ്രാപ്തനാകുകയും ചെയ്താൽ അവനത് വിറ്റശേഷമുള്ള സംവത്സരം കണക്കുകൂട്ടി മിച്ചമുള്ളത് അത് വാങ്ങിയിരുന്നയാൾക്ക് മടക്കി കൊടുത്ത് തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരേണം എന്നാൽ മടക്കി കൊടുപ്പാൻ അവന് പ്രാപ്തിയില്ല എങ്കിൽ വിറ്റുപോയ യോബേൽ സംവത്സരം വരെ വാങ്ങിയവന്റെ കയ്യിൽ ഇരിക്കണം യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞുകൊടുക്കുകയും അവൻ തന്റെ അവകാശത്തിലേക്ക് മടങ്ങി വരികയും വേണം ഒരുത്തൻ മതിലുള്ള പട്ടണത്തിൽ ഒരു വീട് വിറ്റ വിറ്റ ശേഷം ഒരു സംവത്സരത്തിനകം അവന് അത് വീണ്ടുകൊള്ളാം വീണ്ടുകൊള്ളുവാൻ ഒരു സംവത്സരത്തെ അവധി ഉണ്ട് ഒരു സംവത്സരം മുഴുവനും തികയുവോളം വീണ്ടുകൊണ്ടില്ലെങ്കിൽ മതിലുള്ള പട്ടണത്തിലെ വീട് വാങ്ങിയവന് തലമുറ തലമുറയായി എന്നും സ്ഥിരമായിരിക്കണം യോബേൽ സംവത്സരത്തിൽ അത് ഒഴിഞ്ഞുകൊടുക്കേണ്ട മതിലില്ലാത്ത ഗ്രാമങ്ങളിലെ വീടുകളോ ദേശത്തുള്ള നിലത്തിന് സമമായി വിചാരിക്കണം അവയ്ക്ക് വീണ്ടെടുപ്പുണ്ട് യോബേൽ സംവത്സരത്തിൽ അവയെ ഒഴിഞ്ഞ് കൊടുക്കണം എന്നാൽ ലേവ്യറുടെ പട്ടണങ്ങളും അവരുടെ അവകാശമായ പട്ടണങ്ങളിലെ വീടുകളും ലേവ്യർക്ക് എപ്പോഴെങ്കിലും വീണ്ടുകൊള്ളാം ലേവ്യരിലൊരുത്തൻ വീണ്ടുകൊള്ളുന്നു എങ്കിൽ വിറ്റുപോയ വീടും അവന്റെ അവകാശമായ പട്ടണവും യോബേൽ സംവത്സരത്തിൽ ഒഴിഞ്ഞുകൊടുക്കേണം ലേവ്യറുടെ പട്ടണങ്ങളിലെ വീടുകൾ ഇസ്രയേൽ മക്കളുടെ ഇടയിൽ അവർക്കുള്ള അവകാശമല്ലോ എന്നാൽ അവരുടെ പട്ടണങ്ങളോട് ചേർന്നിരിക്കുന്ന പുൽപ്പുറമായ ഭൂമി വിൽക്കരുത് അതവർക്ക് ശാശ്വതാവകാശം ആകുന്നു നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് നിന്റെ അടുക്കൽ വച്ച് ക്ഷയിച്ചുപോയാൽ നീ അവനെ താങ്ങേണം അന്യനും പരദേശിയും എന്ന പോലെ അവൻ നിന്റെ അടുക്കൽ പാർക്കേണം അവനോട് പലിശയും ലാഭവും വാങ്ങരുത് നിന്റെ ദൈവത്തെ ഭയപ്പെടേണം നിന്റെ സഹോദരൻ നിന്റെ അടുക്കൽ പാർക്കേണം നിന്റെ പണം പലിശയ്ക്ക് കൊടുക്കരുത് നിന്റെ ആഹാരം അവന് ലാഭത്തിനായി കൊടുക്കുകയും അരുത് ഞാൻ നിങ്ങൾക്ക് കനാന് തരുവാനും നിങ്ങളുടെ ദൈവമായിരിക്കാനും നിങ്ങളെ മിസ്രൈം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ അകുന്നു നിന്റെ സഹോദരൻ ദരിദ്രനായിത്തീർന്ന് തന്നെത്താൻ നിനക്കുവിറ്റാൽ അവനെ കൊണ്ട് അടിമവേല ചെയ്യിക്കരുത് കൂലിക്കാരൻ എന്ന പോലെയും വന്നു അവൻ നിന്റെ അടുക്കലിരുന്ന് യോബേൽ സമ്മത്സരം വരെ നിന്നെ സേവിക്കണം പിന്നെ അവൻ തന്റെ മക്കളുമായി നിന്നെ വിട്ട് തന്റെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകേണം തന്റെ പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് അവൻ മടങ്ങിപ്പോകേണം അവർ മിശ്രീം ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസന്മാരാകൊണ്ട് അവരെ അടിമകളായി വിൽക്കരുത് അവനോട് കാഠിന്യം പ്രവർത്തിക്കരുത് നിന്റെ ദൈവത്തെ ഭയപ്പെടേണം നിന്റെ അടിയാരും അടിയാട്ടികളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് ആയിരിക്കണം അവരിൽ നിന്ന് അടിയാരെയും അടിയാട്ടികളെയും കൊള്ളണം ഔവണ്ണം നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്ന അന്യജാതിക്കാരുടെ മക്കളിൽ നിന്നും അവർ നിങ്ങളുടെ ദേശത്ത് ജനിപ്പിച്ചവരും നിങ്ങളോടുകൂടെ ഇരിക്കുന്നവനുമായ അവരുടെ കുടുംബങ്ങളിൽ നിന്നും നിങ്ങൾ വാങ്ങണം അവർ നിങ്ങൾക്ക് അവകാശമായിരിക്കണം നിങ്ങളുടെ ശേഷം നിങ്ങളുടെ മക്കൾക്കും അവകാശമായിരിക്കേണ്ടതിന് നിങ്ങൾ അവരെ അവകാശമാക്കിക്കൊള്ളണം അവർ എന്നും നിങ്ങൾക്ക് അടിമകളായിരിക്കണം ഇസ്രയേൽ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരോടോ നിങ്ങൾ കാഠിന്യം പ്രവർത്തിക്കരുത് നിന്നോടു കൂടെയുള്ള പരദേശിയോ അന്യനോ സമ്പന്നനാകെയും അവന്റെ അടുക്കലുള്ള നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്ന് തന്നെത്താൻ അന്യനോ പരദേശിക്കോ അന്യന്റെ സന്തതിക്കോ വിൽക്കുകയും ചെയ്താൽ അവൻ തന്നെത്താൻ വിറ്റശേഷം അവനെ വീണ്ടെടുക്കാം അവന്റെ സഹോദരന്മാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം അവന്റെ പൃഥ്ർവ്യനോ പൃഥ്വർവ്യന്റെ പുത്രനോ അവനെ വീണ്ടെടുക്കാം അല്ലെങ്കിൽ അവന്റെ കുടുംബത്തിൽ അവന്റെ അടുത്ത ചാർച്ചക്കാരിൽ ഒരുത്തന് അവനെ വീണ്ടെടുക്കാം അവന് പ്രാപ്തിയുണ്ടെങ്കിൽ തന്നെത്താൻ വീണ്ടെടുക്കാം അവൻ തന്നെ വിറ്റ സംവത്സരം മുതൽ യോബേൽ സംവത്സരം വരെയുള്ള കാലക്കണക്ക് തന്നെ വാങ്ങിയവനുമായി കൂട്ടിനോക്കണം അവന്റെ വില സംവത്സരസംഖ്യയ്ക്ക് ഒത്തവണ്ണം ആയിരിക്കണം അവൻ ഒരു കൂലിക്കാരന്റെ കാലത്തിന് ഒത്തവണ്ണം അവന്റെ എടുക്കൽ പാർക്കണം സംവത്സരം ഏറെയുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം അവൻ തന്റെ വീണ്ടെടുപ്പ് വില തനിക്ക് കിട്ടിയ പണത്തിൽ നിന്ന് മടക്കി കൊടുക്കണം യോബേൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരം കുറെ മാത്രമെങ്കിൽ അവനുമായി കണക്കുകൂട്ടി സംവത്സരങ്ങൾക്ക് ഒത്തവണ്ണം തന്റെ വീണ്ടെടുപ്പ് വില മടക്കി കൊടുക്കണം അവൻ ആണ്ടോടാണ്ട് കൂലിക്കാരനെന്ന പോലെ അവന്റെ അടുക്കൽ ഇരിക്കേണം നീ കാൺകെ അവനവനോട് കാഠിന്യം പ്രവർത്തിക്കരുത് ഇങ്ങനെ അവൻ വീണ്ടെടുക്കപ്പെടാതെയിരുന്നാൽ അവനും അവനോടു കൂടെ അവന്റെ മക്കളും യോബേൽ സമ്മത്സരത്തിൽ പുറപ്പെട്ടു പോകേണം ഇസ്രേൽ മക്കൾ എനിക്ക് ദാസന്മാർ ആകുന്നു അവർ മിസ്രൈൻ ദേശത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന എന്റെ ദാസന്മാർ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ അകുന്നു